അവർ പറഞ്ഞു പരമകാരുണികനായ അള്ളാഹു സുബാനഹുവ ഛായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ ആരാധിക്കുമായിരുന്നില്ല അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല അവർ വെറും ഊഹങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്